ം പതിനൊന്ന് യഹോവയെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദ പുരുഷന്മാരോടും യെരുഷലേം നിവാസികളോടും പ്രസ്താവിപ്പേ നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ദൈവമായ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പു ചൂളയായ മിസ്രൈൻ ദേശത്തുനിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു നിങ്ങൾ എന്റെ വാക്കു കേട്ടനുസരിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്വീൻ എന്നാൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും എന്നല വിളി ഇന്നുള്ളതുപോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ചെയ്ത സത്യം നിവർത്തിക്കേണ്ടതിന് തന്നെ അതിന് ഞാൻ ആ മേൻ യഹോവേ എന്നു തരം പറഞ്ഞു അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത് നീ യഹൂദ പട്ടണങ്ങളിലും യെരുഷലേമിന്റെ വീഥികളിലും ഈ വചനങ്ങളെയൊക്കെയും വിളിച്ചു പറക ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് ചെയ്തുകൊള്ളുവീൻ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ഇന്നുവരെയും ഞാൻ അതികാലത്തും ഇടവിടാതെയും അവരോട് എന്റെ വാക്കുകേൾപ്പീനെന്ന് പറഞ്ഞ് സാക്ഷീകരിച്ചിരിക്കുന്നു അവരോ അനുസരിക്കുകയും ചെവി ചായ്ക്കുകയും ചെയ്യാതെ ഓരോരുത്തൻ താൻ താന്റെ ദുഷ്ടഹൃദയത്തിന്റെ സാഠ്യപ്രകാരം നടന്നു ആകയാൽ ഞാൻ അവരോട് ചെയ്യുവാൻ കൽപ്പിച്ചതും അവർ ചെയ്യാതിരുന്നതുമായ ഈ നിയമത്തിന്റെ വചനങ്ങളെപ്പോലെയൊക്കെയും ഞാൻ അവരുടെ മേൽ യഹോവ പിന്നെയും എന്നോട് അരുളി ചെയ്തത് പുരുഷന്മാരുടെ ഇടയിലും യെരുശലം നിവാസികളുടെ ഇടയിലും ഒരു കൂട്ടുകെട്ട് കണ്ടിരിക്കുന്നു അവർ എന്റെ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത പൂർവ പിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞ് അന്യദേവന്മാരെ സേവിപ്പാൻ അവരോട് ചേർന്നിരിക്കുന്നു ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇസ്രയേൽ ഗ്രഹവും യഹൂദഗ്രഹവും ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഒഴിഞ്ഞു പോകുവാൻ കഴിയാത്ത ഒരനർത്ഥം ഞാൻ അവർക്ക് വരുത്തും അവർ എന്നോട് നിലവിളിച്ചാലും ഞാൻ കേൾക്കയില്ല അപ്പോൾ യഹൂദ പട്ടണങ്ങളും എരിശിലെ നിവാസികളും ചെന്ന് തങ്ങൾ ധൂപം കാട്ടി വന്ന ദേവന്മാരോട് നിലവിളിക്കും എങ്കിലും അവർ അവരെ അനർത്ഥകാലത്ത് രക്ഷിക്കയില്ല യഹൂദയെ നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരുണ്ട് എരിശിലേമിലെ വീഥികളുടെ എണ്ണത്തോളം നിങ്ങൾ ആ ലജ്ജാ വിഗ്രഹത്തിന് ബലിപീഠങ്ങളെ ബാലിന് കാട്ടുവാനുള്ള പീഠങ്ങളെ തന്നെ തീർത്തിരിക്കുന്നു ആകയാൽ നീ ഈ ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്കുവേണ്ടി യാചനയോ പക്ഷവാതമോ കഴിക്കയുമരുത് അവർ അനർത്ഥ നിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കയില്ല എന്റെ പ്രിയയ്ക്ക് എന്റെ ആലയത്തിൽ എന്ത് കാര്യം അവൾ പലരോടും കൂടെ ദുഷ്കർമ്മം ചെയ്തുവല്ലോ വിശുദ്ധ മാംസം നിന്നെ വിട്ടുപോയിരിക്കുന്നു ദോഷം ചെയ്യുമ്പോൾ നീ ഉല്ലസിക്കുന്നു മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവൃക്ഷമെന്ന് യഹോവ നിനക്ക് പേർവിളിച്ചിരുന്നു എന്നാൽ മഹാ കോലാഹലത്തോടെ അവൻ അതിന് തീവച്ചു കളഞ്ഞു അതിന്റെ കൊമ്പുകളും ഒടിഞ്ഞുകിടക്കുന്നു ഇസ്രയേൽ ഗ്രഹവും യഹൂദാഗ്രഹവും ബാലിന് ധൂപം കാട്ടി എന്നെ കോപിപ്പിച്ചതിൽ ദോഷം പ്രവർത്തിച്ചിരിക്കയാൽ നിന്നെ നട്ടിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ നിനക്ക് അനർത്ഥം വിധിച്ചിരിക്കുന്നു യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാനത് അറിഞ്ഞു അന്ന് നീ അവരുടെ പ്രവർത്തികളെ എനിക്ക് കാണിച്ചു തന്നു ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മരിക്കമുള്ള കുഞ്ഞാടുപോലെ ആയിരുന്നു അവന്റെ പേർ ആരും ഓർക്കാതെയിരിക്കേണ്ടതിന് നാം വൃക്ഷത്തെ ഫലത്തോടു കൂടെ നശിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഛേദിച്ചു കളക എന്നിങ്ങനെ അവർ എന്റെ നേരെ ഉപായം നിരൂപിച്ചത് ഞാൻ അറിഞ്ഞതുമില്ല നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും ശോധന കഴിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ ഹോവെ നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ ഞാൻ എന്റെ വ്യവഹാരം നിന്നെ ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് നീ ഞങ്ങളുടെ കൈയ്യാൽ മരിക്കാതെ ഇരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്നു പറഞ്ഞ് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാഥോത്തുകാരെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാനവരെ സന്ദർശിക്കും യൗവനക്കാർ ൾക്കൊണ്ട് മരിക്കും അവരുടെ പുത്രന്മാരും പുത്രിമാരും ക്ഷാമം കൊണ്ട് മരിക്കും ഞാൻ അനാഥോത്തുകാരെ സന്ദർശിക്കുന്ന കാലത്ത് അവർക്ക് അനർത്ഥം വരുത്തുന്നതുകൊണ്ട് അവരിൽ ഒരു ശേഷിപ്പും ഉണ്ടാകയില്ല എന്ന് സൈന്യങ്ങളുടെ ഹോവ അരുളി ചെയ്യുന്നു